ം നൂറ്റി പന്ത്രണ്ട് അൽ ഇഹ്ലാസ് മക്കയിൽ അവതരിച്ചത് അള്ളാഹുവെ സംബന്ധിച്ച നിഷ്കളങ്കമായ വിശ്വാസം ഈ അദ്ധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം നബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല അവന് തുല്യനായി ആരും ഇല്ലതാനും